എന്റെ സഹോദരൻ ഹാറൂൺ അലഹിസലാം എന്നേക്കാൾ സംസാരിക്കാൻ പ്രാവീണ്യമുള്ളവനാണ് അതിനാൽ എന്നെ ശരിവെയ്ക്കുന്നൊരു സഹായിയായി അദ്ദേഹത്തെ എന്റെ കൂടെ അയക്കണമേ അവർ എന്നെ നിഷേധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു